അത് നിഷ്കളങ്കവും പൂർണ്ണവും സത്യവും സമാജ ഉത്കർഷത്തിനുതകുന്നതും മാത്രമായിരിക്കും അത്തരമൊരാൾ നന്നാകുമെന്ന് പറഞ്ഞാൽ നന്നായിരിക്കും സത്യസങ്കല്പനാണയാൾ അയാൾ തൻ്റെ സങ്കല്പത്തിൽ സത്യമായിരിക്കുന്ന തൻ്റെ ആത്മാവിനെ മാത്രമേ കാണുന്നുള്ളൂ സത്യസങ്കൽപ്പനായ ഒരുവന്റെ സങ്കല്പമാണ് നാളത്തെ ആശിസ് അങ്ങനൊരു അമ്മയ്ക്ക് പിറന്നാൽ കാലില്ലാത്തതിനോടമ്മ പറയും നിനക്ക് കാലുണ്ടാവും കാലുണ്ടാവും ചെവി കേൾക്കാത്തതിന് ചോറുകിട്ടിക്കൊടുക്കുമ്പോ പറയും നിന്റെ ചെവി കേൾക്കുമടാ ഈ ചോറ് നിന്റെ ചെവി കേൾപ്പിക്കും എന്റെ തപസ്സാണ് അതിനുത്തരം നീ നടക്കുമോനെ നീ ഓടും നീ ദിഗന്ധങ്ങളെ കടന്നുപോകും സുഹൃതം കൊണ്ട് അങ്ങനെയുള്ള തള്ളയ്ക്കൊന്ന് ജനിക്കാനിടയാളെ അത്തരം സത്സങ്കൽപ്പമുള്ള അച്ഛന് ജനിക്കാനിടയാറ് കാണുന്നതെല്ലാം തന്റെ സങ്കല്പത്തിൽ സാക്ഷി കൂടെയില്ലാതെ വികലമായി കണ്ട് സദാസർവത വികലമായ പ്രതിഭയുണ്ടാക്കുന്നവരോടൊപ്പം ഇരിക്കരുത് ലക്ഷോപലക്ഷം വരുന്ന പ്രതിഭകൾ നാമങ്ങൾ ലക്ഷോപലക്ഷം വരുന്ന എണ്ണിയാലൊടിങ്ങാത്ത വിഷയങ്ങൾ അവ ചേർന്ന ഈ പ്രപഞ്ചം അത് ഓർത്തുനോക്കുക മറ്റത് വിഷയത്തിലെ ഓർമ്മ പോലുവാ ഞാൻ പറഞ്ഞത് അല്പം ചിന്തിച്ചു നോക്കിയാൽ ഒന്ന് അഴിച്ചു നോക്കിയാൽ ഒരു വസ്ത്രം കൈ കിട്ടുമ്പോൾ കുട്ടികൾ അതിൻ്റെ നീണ്ടു നിൽക്കുന്ന നൂലൊന്ന് വലിച്ചു വരും മനസ്സിലായില്ല എന്താണെന്നറിയാനുള്ള അവരുടെ ആഗ്രഹത്തിലാണ് ഒരു നൂലെ പിടിച്ചു വലിയ ഒരു തൂവാല വിൽക്കപ്പം അപ്പോൾ ഒരു നൂല് കുറഞ്ഞൊരിട വരും അപ്പൊ രണ്ടാമത്തെ നൂല് വലിച്ചാൽ എളുപ്പം പോലും മനസ്സിലായില്ല അപ്പോഴാണ് തള്ളചെന്നിട്ട് ഒരടിയും കൊടുത്തിട്ട് അസത്തെ അത് മുഴുവൻ കളയാനാണോ പോകുന്നത് അവൻ അഴിക്കുകയാണ് ഈ പ്രപഞ്ചം മനസ്സിലായില്ല അവൻ അമ്മയെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയാണ് ഇത് നൂലാണ് ഇത് വസ്ത്രമല്ല അവന്റെ ജന്മ സംസ്കാരം കൊണ്ട് അവൻ ബോധ്യപ്പെടുത്തുകയാണ് നൂലിനെയാണ് നിങ്ങൾ വസ്ത്രമാണെന്ന് പറയും ഇത് വസ്ത്രം ഇത് തന്തു വാസസ് തന്തു അതവൻ പയ്യൊന്ന് തിരുമ്മും അപ്പൊ ൂല് അകലും പിരിഞ്ഞ നൂല് അകലും എന്നിട്ടവനെടുത്ത് പിച്ചു ചീന്തി വെക്കുമ്പോൾ അത് പഞ്ഞിയാവും ഇതാ പഞ്ഞി പഴയ സ്ഥലത്ത് എത്തിച്ചിട്ടുണ്ട് ഇതുപോലെ പ്രതിഭയും പേരും വിഷയവും അന്വയ വ്യതിരേക പ്രക്രിയയിലൂടെ അഴിക്കുന്നതിനെയാണ് ഓരായുക എന്ന് ഇവിടെ ഗുരു പറയുന്നത് ഓരായി എന്ന് പറഞ്ഞാൽ അഴിക്കാതിരിക്കൽ ഓരായിൽ എന്ന് പറഞ്ഞാൽ ഓർക്കാതിരുന്നാൽ ചിന്തിക്കാതിരുന്നാൽ മറ്റത് ചിന്ത മറ്റത് അഴിക്കുക ചിന്തിക്കുക ഇവിടെ പ്രയോഗിച്ചിരിക്കുന്നത് ചിന്തിക്കാതിരുന്നാൽ നേരാണെന്ന് തോന്നും കുഞ്ഞ് കാണിച്ച പ്രക്രിയ കാണിക്കാതിരിക്കുന്നത് കൊണ്ടാണ് അമ്മയ്ക്കിത് വസ്ത്രമാണെന്ന് തോന്നിയത് മനസ്സിലായില്ല അപ്പൊ ചിന്തിക്കണമെങ്കിൽ ഈ പ്രപഞ്ചത്തെ അഴിക്കണമെങ്കിൽ ചിന്തിക്കണമെങ്കിൽ ആ കുഞ്ഞിന്റെ നിഷ്കളങ്കത പോലൊരു നിഷ്കളങ്കത വേണം പഠിപ്പുണ്ടായാൽ നിഷ്കളങ്കത നഷ്ടപ്പെട്ടാൽ അഴിക്കില്ല ശാഠ്യുണ്ടാവും ഇത് വസ്ത്രാണ് കാരണം ഞാനാ കാശു കൊടുത്ത് വാങ്ങിച്ചത് പിന്നെ നിങ്ങളാ തീരുമാനിക്കുന്നത് ഇത് വസ്ത്ര അല്ലെന്നും ഇവിടെ എങ്ങും കിട്ടുന്നതല്ല ഇത് സാധാരണ വസ്ത്രവുമല്ല ഇത് ഓർഗാൻസയാണ് മനസ്സിലായില്ലേ ഇത് ഷിഫോണാണ് ശരിയല്ലേ ഏ ഇത് നിങ്ങളുടെ ഒന്നും ഉണ്ടാക്കിയിരിക്കുന്ന പോലല്ല ഇതെന്റെ മോൻ വെളിയിൽ ഇത് നിങ്ങളെ നാട്ടിലൊന്നും കിട്ടുന്നതല്ല ണോ ഏ ഇതൊക്കെ പറയുമ്പോൾ ഈ വേളയിൽ ഒന്നും നമുക്ക് ചിന്തയില്ല ആലോചിച്ചു നോക്കിയാൽ ഇത് വെറുന്നൂല്ല ഓരായി ആലോചിക്കാതിരിക്കൽ അപഗ്രഹിക്കാതിരിക്കൽ നേരാണെന്ന് നല്ലപോലെ ചിന്തിച്ചു നോക്കിയാൽ സംഗതി മാറും ഉറക്കത്തിൽ നിന്നുണരുന്നതുവരെ കണ്ടുകൊണ്ടിരുന്ന സ്വപ്നം ഉറക്കത്തിൽ നേരാണ് കാരണം കണ്ടതാണ് അനുഭവിച്ചതാണ് കിടന്നുകൊള്ളിയതുവാൻസിലായില്ല രാത്രിയിൽ ബെഡ്ഡയിലാണ് കിടന്നെ കടുവ പിടിച്ചുകൊണ്ട് പോകുന്നതാകുണ്ട് കടുവ വനം മുറിക്കകത്ത് മുറിക്കകത്ത് വനവും ഇല്ല കടുവയും ഇല്ല ലൈറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞ് കിടന്നുറങ്ങുമ്പോൾ കട്ടിലേ കിടന്നുറങ്ങുന്നവൻ വനത്തിലാണ് കടുവയാ പിടിക്കുന്ന കടുവയെയും കടുവ പിടിക്കുന്ന തന്നെയും കണ്ടിട്ട് കടുവയാൽ പിടിക്കപ്പെടുന്ന താൻ വിറച്ച് കുളിച്ച് ഞെട്ടി എഴുന്നേൽക്കുകയോ ആ ബെഡ് മുഴുവൻ ചീത്തയാക്കുകയോ ചെയ്ത് എഴുന്നേറ്റ് വരുമ്പോൾ കടുവയില്ല അപ്പോ അടുക്ക വന്നിരുന്ന് സമാനിപ്പിക്കുമ്പോൾ കുറച്ചു നേരത്തേക്ക് കടുവയൊക്കെ അവിടെ നിൽക്കുന്നതായിട്ടുള്ള ആ തുടർച്ച തോന്നിയാൽ കുറെ നേരത്തേക്ക് ബോധമൊക്കെ മറഞ്ഞ പോലെ എപ്രാളമൊക്കെ കാണിക്കും പിന്നെ സമഭൂവിലേക്ക് എത്തുമ്പോൾ പെട്ടെന്ന് ബോധം നന്നായി വന്നാൽ ചിരിക്കും മനസ്സിലായില്ല ഏ ആദ്യം കിടന്നു വെള്ളം കാണിക്കുക ചിരിക്കുക ഇടാന്ന് പിടിക്കുക നമുക്ക് അച്ഛനെ ആശുപത്രിയിൽ അറ്റം കൊണ്ടുപോക എന്തോ പറ്റി എന്നാ തോന്നുന്നത് കേട്ടോ ആദ്യം കാണിച്ച വെപ്രാളം പോലെയല്ല വേർക്കുകയും വെള്ളം വെക്കുകയും ഒക്കെ ചെയ്തു അമ്മ വിളിച്ചത് കൊണ്ടാണ് നമ്മൾ അറിഞ്ഞത് ഓടി വന്ന് മുറി കയറിയത് അച്ഛനാകെ വേളം വെച്ചു ഇപ്പം ഇരുന്ന് ചിരിക്കുന്നു എന്തു ഒന്നുമില്ല ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ എന്നാലും ഉള്ളിൽ ചിരിയായിപ്പോ വരുന്നത് കാരണം മുഴുവൻ അനഞ്ഞ നാനാവിധമായിട്ടുമുണ്ട് അപ്പൊ ഉറക്കത്തിൽ ഈ സ്വപ്നം സത്യമായിരുന്നു ഉണർന്നപ്പോഴോ ഇല്ല ഇതാണ് ഗുരുദേവൻ ആദ്യം എടുക്കുന്ന പ്രക്രിയയിലെ ഉദാഹരണം കിനാവ് കാണും വരയ്ക്കും നേരാം കിനാവ് സ്വപ്നം സ്വപ്നം ഉറക്കത്തിൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ മുഴുവൻ നേരാണ് ഉണർന്നളവ് ഉണർന്നെഴുന്നേറ്റുകഴിഞ്ഞാൽ ആ ഉണർന്നവൻ മാത്രമേയുള്ളൂ സ്വപ്നത്തിൽ കണ്ടതൊന്നുമില്ല സ്വപ്നത്തിൽ കണ്ട കടുവയില്ല പുലിയില്ല ഒന്നുമില്ല ഇവയാതൊന്നുമില്ല ശങ്കരന്റെ പ്രകൃഷ്ടകൃതികളിൽ ഒന്നുണ്ട് ശതശ്ലോകി എന്ന് പറയും അതിലാചാര്യൻ ഈ സ്വപ്നം അങ്ങ് തലവരപ്പുന്നുണ്ട് വലിയൊരു വേദാന്ത പ്രകരണ ഗ്രന്ഥമാണ് അതിലദ്ദേഹം ഉദാഹരണം പറയുന്നിടത്ത് ശൂന്യത്തിൽ ഒന്നുമില്ലായ്മയിൽ സൃഷ്ടിയുണ്ടോ എന്നതിന് ഉത്തരം പറയും ആറൊരുദാഹരണം പറയുന്നുണ്ട് കിടന്നുറങ്ങുന്ന പുരുഷൻ ആരോഗ്യമുള്ളവൻ ഉറക്കത്തിൽ തൻ്റെ കാമിനിയെ സ്വപ്നം കാണുന്നു മിനിയുമായി സംയോഗത്തിലേർപ്പെടുന്നു രാവിലെ എഴുന്നേൽക്കുന്നു ശുക്ലസ്രവം കിടക്കുന്നു എങ്ങനെയാണോ ഈ ജാഗ്രത് പ്രപഞ്ചത്തിലെ ഇന്ദ്രിയാനുഭൂതികളും വിഷയങ്ങളും ഇവ മുഴുവൻ സ്വപ്നത്തിൽ സ്വപ്നത്തിന്റെ രീതിയിൽ സത്യമാണ് സ്വപ്നം ആചാര്യന്മാർ ചില്ലറയൊന്നും അല്ല എവിടെയൊക്കെ ഉദാഹരിച്ചിട്ടുള്ളത് അതിൻ്റെ ഒരു മാറ്റുലി ഇതിനുമുണ്ട് സ്വപ്നം സ്വപ്നത്തിൽ സത്യമായിരുന്നു എന്നതിന്റെ ദൃഷ്ടാന്തമാണ് ആ ശേഷിപ്പ് ഇപ്പോൾ അത് സത്യമല്ല എന്നുള്ളതിന്റെയാണ് ആ ശേഷിപ്പ് താൻ ബീജാദാനം ചെയ്തത് തന്റെ കാമിനിയിലാണ് അവളില്ല ജാഗ്രത്തിലെത്തിയപ്പോൾ അതുകൊണ്ട് താനേ ഉള്ളൂ താൻ മാത്രമേ ഉള്ളൂ സ്വപ്നത്തിൽ അവളുണ്ടായിരുന്നു താനുണ്ടായിരുന്നു ചേർച്ചയുണ്ടായിരുന്നു ബീജാദാനം ഉണ്ടായിരുന്നു ശാങ്കരപ്രതിഭ തുടങ്ങി ഇങ്ങോട്ട് ആചാര്യവര്യന്മാർ സ്വീകരിച്ച ഉദാഹരണങ്ങളിലൊക്കെ സ്വപ്നം സമുജ്വലമായി പ്രക്രിയയെ പഠിപ്പിക്കാൻ ഉപകരിച്ചിട്ടുണ്ട് അത് തന്നെ ഗുരുദേവനോട് ഭംഗിയായി ഉപകരിക്കുകയാണ് അനേകം നാമങ്ങൾ അനേകം രൂപങ്ങൾ അനേകം പ്രതിഭകൾ പ്രതിഭ ബുദ്ധിയിൽ ബുദ്ധിവൃത്തിയിൽ പതിയുന്ന അറിവ് പ്രതിഭ എന്ന ശബ്ദത്തിന് ബുദ്ധിവൃത്തിയിൽ പതിയുന്ന അറിവ് ഇതം നിന്ന് ബുദ്ധിവൃത്തിയിലേക്കുള്ള പരിണാമം പഠിക്കുമ്പോൾ ഇത് നിങ്ങളുടെ ശാസ്ത്രം നിങ്ങളെ പഠിപ്പിച്ചു വച്ചിരിക്കുന്നത് പ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ പ്രകാശം വസ്തുവിൽ പതിച്ച് വസ്തുവിലെ പ്രകാശം കണ്ണിൽ പതിച്ച് കണ്ണിലെ ലെൻസ് അതിനെ റെറ്റിനയിൽ എത്തിച്ച് പതനരശ്മിയും പ്രതിപതനരശ്മിയും തമ്മിൽ അവിടെ സംയോജിച്ച് വസ്തുവിൻ്റെ തലകീഴായ പ്രതി പ്രതിബിബം വീണ് അതിനെ സെറിബ്രൽ കോർട്ടക്സിലെത്തിക്കുമ്പോൾ സാമ്പന്ധക പ്രാന്തത്തിലെത്തിക്കുമ്പോൾ കാഴ്ചയുണ്ടാകുന്നു എന്നാണ് നിങ്ങളുടെ ശാസ്ത്രം ഭൗതികമായ വസ്തു ഭൗതികമായ കണ്ണിൻ്റെ ലെൻസ് ഭൗതിക പ്രകാശം ഭൗതികമായ സംവേദക നാടികൾ ഭൗതികമായ പ്രേരക നാടികൾ ഭൗതികമായ സാമ്പദ്ധക പ്രാന്തം സെറിബ്രൽ കോർട്ടക്സ് എന്തേ നിങ്ങൾ എല്ലാവരും ഒരുപോലെ കാണാം ചോദ്യം മനസ്സിലായില്ല നിങ്ങളുടെ തൊട്ടടുത്തിരിക്കുന്ന ആള് നിങ്ങൾ നോക്കുമ്പോഴും അപ്പുറത്തിരുന്ന് നോക്കുന്നയാൾ നോക്കുമ്പോഴും രണ്ടാളിനെയാണ് കാണുന്നത് മനസ്സിലായില്ല ഒരാളെയല്ല കാണുന്നത് ഒരു സമയം നിങ്ങൾ കണ്ട ആളിനെയല്ല അടുത്ത നിമിഷം നിങ്ങൾ കാണുന്നത് നിങ്ങളുടെ ബുദ്ധിയുടെ പ്രതിഭയിൽ കാഴ്ച ഓരോ നിമിഷവും കാലവാചിയായി മാറുന്നു ശരിയല്ല കളിച്ചും ചിരിച്ചും സ്കൂളിൽ പഠിച്ചും കോളേജിൽ പഠിച്ചും പോകുമ്പോൾ നിങ്ങൾ രണ്ടുപേർ തമ്മില് പ്രേമം തുടങ്ങിയാൽ കാണാതിരിക്കാൻ വയ്യാത്ത ഒരവസ്ഥ മനസ്സിലായില്ല എത്ര ബുദ്ധിമുട്ടിയും കാണാനുള്ള നിങ്ങളുടെ വെമ്പൽ കാഴ്ചയ്ക്ക് വീട്ടുകാർ ലൈസൻസ് തന്നുകഴിഞ്ഞാൽ ഈ കാലമാടനെ കാണാതിരിക്കാനും ഈ പിശാചിന്റെ അടുക്കിലേക്ക് എത്താതിരിക്കാനുമുള്ള വെമ്പൽ കാലം പ്രതിഭയിൽ എങ്ങനെയാണ് ഈ മാറ്റം വരച്ചത് ശരിയല്ലെന്ന് തോന്നുന്നു എന്റെ ഉപമ ഏ ശരിയല്ല അത്ര ശരിയല്ല ശരിയാണ് ഇപ്പൊ കാലം പ്രതിഭയിൽ മാറ്റം ഉണ്ടാക്കുന്നു ക്ലാസ്സിന് പാലക്കാട്ടേക്ക് എത്തുന്നതിന് മുമ്പ് ഇവിടെ വന്ന ആളുകളുമൊക്കെയായിട്ട് കണ്ടെത്തുന്നതിന് മുമ്പ് വെളിയിൽ വളരെ സ്നേഹമായിട്ട് ചിരിച്ച് കളിച്ച് വർത്തമാനം പറഞ്ഞ രണ്ടുപേർ അവർ തമ്മിൽ കാണുമ്പോഴൊക്കെ വലിയ സ്നേഹമാണ് ഇതിനകത്തെത്തിക്കഴിഞ്ഞപ്പോൾ ആലുവ മണപ്പുറത്ത് കണ്ട പോലില്ല എന്നോട് ഇങ്ങനെ അല്ലല്ലോ അവിടെയൊക്കെ പെരുമാറും ഇവിടെ വന്നപ്പോൾ എന്തു പറ്റി ഇരട്ടത്താപ്പാണി പ്രതിഭേദിനിയാ മാറി മാറുമിങ്ങനെ മാറോ ഇല്ല പ്രതിഭയിങ്ങനെ മാറുവോ ഭേദം വരുവോ മാറുതല്ല മാറൂ പ്രദേശം പ്രതിഭയെ മാറ്റും വസ്തു പ്രതിഭയെ മാറ്റും പ്രതിഭയും പ്രതിഭയെ മാറ്റും അതാണ് ഏറ്റവും രസം ുദ്ധിയിലെ വൃത്തി പൂർവവാസനാവിശേഷത്തിന്റെ ആന്തോളനം ഒന്ന് മാറിക്കണ്ടാൽ മാറും രണ്ടുപേര് ടെറസിന് മോളിൽ നിന്ന് വർത്തമാനം പറയുകയാണ് ചന്ദ്രനെ കണ്ട് നന്നായി സന്തോഷിച്ച് ചന്ദ്രികാചർച്ചിതമായ രാത്രിയിൽ കവിതാക്കൾക്ക് സുഖം പകർന്നു വരുമ്പോൾ നന്നായി ചർച്ച ചെയ്യുമ്പോഴാണ് പെട്ടെന്ന് അപ്പുറത്തു കൂടിയൊരു പൂച്ചക്കുട്ടി ഓടിപ്പോയത് അപ്പോഴ് മുമ്പിലിരിക്കുന്നയാളുണ്ടാക്കിയ ശബ്ദം തൻ്റെ വാത്സല്യമുള്ള പൂച്ചയെ മുമ്പ് തൻ്റെ സഹോദരൻ അടിച്ചു കൊന്ന ആ വേളയിൽ സഹോദരനിൽ നിന്ന് വന്ന ശബ്ദമാണുണ്ടായത് മുമ്പിലിരിക്കുന്ന ആളിനോടുള്ള സ്നേഹമൊക്കെ പോയി ചൂടായി ഇയാൾ വിചാരിച്ചു എന്തു പറ്റി മനസ്സിലായില്ല കസേര മാറ്റിയിട്ടു എഴുന്നേറ്റു ഞാൻ പോവുകയാണ് നീ വ ഇരിക്ക കൂട്ടത്തിൽ ഇരിക്കാനല്ലോ ഒന്നിരിക്കുന്ന പ്രതികരിക്കുന്ന ആ സഹോദരനോട് ഈ പൂച്ച ആ കടന്നു പോയു രാത്രി കൊളവായി